ൂശ്രീ സമ്യന്തരഭാവനിഗതവ്യവൈഭവോ യഞ്ഞ്ചാന പാഞ്ചനിർണ്യവഹുഷാ വ്യാധിഷ്ടശ്വാത്മതാ ശ്രമാണി കോ വ്യാധരതിരമുഹാദൃചൂടാമണി ജ്യോതിയദക്ഷിമൂർ വ്യാജംകരശി ജാനോത്രമാഖ്യം തദ്ദേ സനന്ദപോദിതം വിപ്രകൃതി പ്രഗൽഭവാജാലിൽ സുഖമുനത്രികാ വിപുഷ പ്രമാണനഥന വിഭിമഹാമോഹമരാജയേ നമസ്കൃമോ സിംഹായ കൃപരാശജിത്മനി ഇവിടെ രണ്ടനുമാനങ്ങളാണ് പറഞ്ഞത് ഒന്ന് പ്രാഭാകരം പ്രതി മറ്റൊന്ന് പ്രാഭാകരം പ്രതി നയ്യായികം പ്രതി എന്ന് പറയാനെന്താ കാരണം അവർ ആത്മാവിനെ ശിത്രൂപമായി അംഗീകരിച്ചിട്ടില്ല അവരെ അംഗീകരിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി അവരോട് സിദ്ധാന്തത്തെ സ്വീകരിച്ചുകൊണ്ട് ആ അവരുടെ സിദ്ധാന്തത്തെ അംഗീകരിച്ചോണ്ട് അല്ലാതിപ്പോൾ അദ്വൈതി അദ്വൈദിയുടെ സിദ്ധാന്തം അനുസരിച്ചൊരു അനുമാനം പറഞ്ഞാൽ അവരംഗീകരിക്കണമെന്നില്ല അവരോടൊരു അനുമാനം പറയുമ്പോൾ അവരുടെ സിദ്ധാന്തത്തെ അംഗീകരിച്ചോണ്ടായിരിക്കും അപ്പോൾ അത് അനുമാനം ശരിയോ തെറ്റോ എന്ന് പറയേണ്ടവരാണ് അവരുടെ സിദ്ധാന്തത്തിനനുസരിച്ച് പറഞ്ഞാൽ അവർക്ക് സമ്മതിക്കേണ്ടി വരും ശരി നിങ്ങൾ പറയുന്നത് ശരിയാണ് ആദ്യത്തെ അനുമാനത്തിനെന്ന് പറഞ്ഞു ആത്മാ സംയുദ് ആത്മാവിനെ സംയത് രൂപമായി അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അനുമാനത്തിലൂടെ സംവിധ രൂപം എന്ന് പറയുമ്പോൾ ആ അനുമാനത്തിൽ ദോഷമൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിർബന്ധമായും ആത്മാവിനെ സംവിധ രൂപമായി സ്വീകരിച്ചേ പറ്റും അതാണ് അനുമാനത്തിന്റെ ഒരു പ്രത്യേകത അപ്പം അതിനുവേണ്ടിയിട്ട് അനുമാനം പ്രയോഗിക്കുമ്പോൾ മുൻകൂട്ടി തന്നെ ചില ധാരണകളിലെ രണ്ട് കക്ഷികളും തമ്മിലെത്തണം എന്താണ് എങ്ങനെ അനുമാനം പ്രയോഗിക്കണം പക്ഷം വേണം വേണം സദ്യം വേണം ദൃഷ്ടാന്തം വേണം പക്ഷത്തിൽ ഹേതു ഇരിക്കണം ദൃഷ്ടാന്തത്തിൽ സാധ്യവും ഏതുമുണ്ടാകണം ഏത്വാഭാസങ്ങളൊന്നും വരാൻ പാടില്ല ഇങ്ങനെ ഒരു പരസ്പര ധാരണയിലെ ചർച്ച ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പരസ്പര ധാരണ ഇല്ലാതെ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെല്ലും ഓരോരുത്തരും അവരോടുമായി നീ പറഞ്ഞു ശരിയില്ല ഞാൻ പറഞ്ഞു ശരിയില്ല എന്ന് പറഞ്ഞ് വാദവിവാദങ്ങൾ ഇപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഈ അടിസ്ഥാനപരമായ നിയമങ്ങൾ രണ്ടു കൂട്ടരും അംഗീകരിച്ചു കഴിഞ്ഞാൽ ശരി അനുമതി ഉണ്ടാവുന്നു നോക്കിയാദ്യ അനുമാനത്തിലെന്ന് പറഞ്ഞു ആത്മാ രൂപത്വമൊന്നും എന്തുകൊണ്ട് അവിടുത്തെ ഹേതു എന്താണ് അപരോക്ഷം ആദ്യപക്ഷത്തിലുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ും സ്വീകരിക്കുന്നു സംയുക്ത കർമ്മം ആകാതെ അപരോക്ഷമായി അവരും സ്വീകരിക്കുന്നു എന്തുകൊണ്ടത് പക്ഷത്തിലുണ്ട് പക്ഷത്തില് ഏതുകൊണ്ടെന്ന് സമ്മതിക്കേണ്ടത് പ്രാഭാകരന്മാരാണ് അവർക്ക് സമ്മതിക്കായിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് അവരുടെ ദൃഷ്ടാന്തത്തില് അവരുടെ സിദ്ധാന്തമാണ് അവരുടെ സിദ്ധാന്തത്തിനനുസരിച്ചൊരു ഹേതു പറഞ്ഞാൽ പക്ഷത്തിലുണ്ടെന്ന് പറഞ്ഞേ പറ്റൂ പിന്നെ ദൃഷ്ടാന്തം എന്താണ് സംവേദനം സംവേദനത്തെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്ന സാധ്യമാർക്ക് അംഗീകരിച്ചേ പറ്റും എന്നും അത് അവരുടെ സിദ്ധാന്തത്തിലൂടെ പക്ഷത്തിൽ ഹേതു സാധ്യങ്ങളുണ്ടെന്ന് എന്തിനാ പറയുന്നത് തിനു വേണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യാപ്തിയെ കാണിക്കൃഷ്ടാന്തത്തിൽ ഹേതു സാധ്യമുണ്ടെങ്കിലേ വ്യാപ്തി നിശ്ചയിക്കാൻ പറ്റും വ്യാപ്തിക്കൊരു സ്ഥലം വേണ്ടേ എങ്ങനെ എത്ര എത്ര സംവിത്കർമ്മതാ മന്ത്രേണ അവരോക്ഷത്വം തത്രയത്ര സംവിദ്രൂപത്വം യഥാസംവേദനം വ്യാപ്തി ഉണ്ടായാലേ അനുമതി ഉണ്ടാകും അവര് ശരിയാകുമ്പോൾ അനുമാനം ശരിയായി അവർ അംഗീകരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഇനി അവരുടെ മുമ്പിൽ ഒരേ ഒരു വഴിയുള്ളൂ എന്താണ് സിദ്ധാന്തം മാറ്റം നടക്കുന്ന കാര്യമാണ് കൊണ്ടുവന്നു ദുഷ്ടഹേതു ആണ് ഇതിൽ ഇന്ന ദോഷമുണ്ടെന്ന് അവര് പറയണത് പറയാത്തിടത്തോളം കാലം അംഗീകരിച്ചേ പറ്റൂ താർക്കീനോട് പറയുമ്പോ എന്താ പറയുന്നത് നേരത്തെ പറഞ്ഞതിന് കുറച്ചുകൂടി എളുപ്പമുള്ള അനുമാനമാണ് അയ്യാകന്മാർ തല കുലുക്കി സമ്മതിച്ചവറ്റ് എന്ത് സമ്മതിക്കണം അവർക്ക് എന്തവർക്ക് സമ്മതിക്കേണ്ടി വരും ആത്മാരൂപം ആത്മാവ് ജ്ഞാനരൂപം ജ്ഞാനം ആത്മാവാണ് ആത്മാവ് സുപ്രകാശമാണ് ആത്മാവ് ജ്ഞാനം എന്ന് വന്നു കഴിഞ്ഞാൽ ജ്ഞാനം സുപ്രകാശമാണ് നേരത്തെ സമർത്ഥിച്ചു ആത്മാവ് ജ്ഞാനമാണെന്ന് വന്നു കഴിഞ്ഞാൽ ആത്മാവ് എന്തായി സുപ്രകാശമായി അത് ഘടത്ത ജ്ഞാനയോഗ സംബന്ധ ആത്മനിഷ്ഠ ജ്ഞാനനിഷ്ഠത്വ പക്ഷത്തിൽ ഹേതുണ്ടെന്നുള്ളത് സമ്മതിച്ചേ പറ്റൂ പക്ഷം എന്താണ് അത് അവിടെ ജ്ഞാനനിഷ്ഠമുണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കഴിഞ്ഞ ദിവസം എങ്ങനെയാ വരുന്നത് അത് വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് എങ്ങനെയാ ഉപയോഗമാണ് കഴിഞ്ഞ ദിവസം എങ്ങനെയാ പറഞ്ഞത് വഴിക്ക് പറയുന്നു കഥ വിഷയത്തും എന്താണ് പറഞ്ഞത് ഹേതു എങ്ങനെ പക്ഷത്തെ ഒരു ചോദിക്കുമ്പോ അതാണോ പറയുന്നത് ഏതു പക്ഷത്തിൽ എങ്ങനെ വരുന്നെന്ന് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നു ഒന്ന് പറയുന്നു വേറെ ഞാനും പതിവിഷു ഘടകം രണ്ടിലും നിങ്ങൾ ഇതിനെ കുറിച്ച് കേൾക്കാതെയും ചിന്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇത് പറയാൻ പറ്റത്തില്ല പക്ഷം ഏ അങ്ങനെ എങ്ങനെ വരുമെന്നാ ഞാൻ ചോദിച്ചത് ഘടാനയോഹോ സംബന്ധമാണ് പക്ഷം ആ സംബന്ധം ഉഭയകോടിയാണ് ഘടം ഘടഞ രണ്ടിലും ഉള്ളത് കൊണ്ട് ം ഉഭയകോടി ഇവിടെ ഘടം ഘട ഞാണും രണ്ടാണും രണ്ടുക്കമുള്ള സംബന്ധമാണ് പറയുന്നത് ഈ സംബന്ധം ഉഭയകോടിയായതുകൊണ്ട് ഉഭയകോടിയോടിയെന്ന് പറഞ്ഞ ഉഭയനിഷ്ഠം അതുകൊണ്ട് അത് ജ്ഞാനനിഷ്ഠമാണ് ജ്ഞാനനിഷ്ഠത്വം സംബന്ധിച്ചു ഘടവും ഞാനും തമ്മിലുള്ള സംബന്ധം ഞാൻ നിഷ്ടമെന്ന് എങ്ങനെ പറഞ്ഞു ഒരു സംബന്ധത്തിന് ഒരു വിധ ഏ എന്തുപയനിഷ്ടം എന്താണ് ഉപയോഗനിഷ്ടംബന്ധം ഘടകവും ും തമ്മിലുള്ള സംബന്ധം ഉഭയനിഷ്ഠമായതുകൊണ്ട് എന്തായിരുന്നു അതുകൊണ്ട് എന്താണനിഷ്ഠം പക്ഷത്തിൽ നിഷ്ടം എന്താ എന്താണ് സംബന്ധം ഞാൻ നിഷ്ടമായത് കൊണ്ട് എന്ത് സംഭവിച്ചു സംബന്ധം ഞാൻ നിഷ്ടമായതുകൊണ്ട് എന്ത് വന്നു തിരിച്ചുവന്നൂടി സംബന്ധം ഞാനൊന്നിഷ്ടമാണെങ്കിൽ സംബന്ധത്തെ ഞാൻ നിഷ്ടത്വം വന്നെന്ന് പറഞ്ഞു തിരിച്ചും പറയാം ഘട സംബന്ധ ആ സംബന്ധം എന്ന് പറയുന്നത് ഉഭയനിഷ്ഠം ഘടനിഷ്ഠവുമാണ്നിഷ്ഠമാണ് ഹേതുവായിട്ട് ഇവിടെ എന്തിനാ വെച്ചുനിഷ്ടത്വം നിഷ്ഠത്വം വന്നു ആ ജ്ഞാന നിഷ്ഠത്വം എവിടെ വന്നു സംബന്ധത്തിൽ വന്നു അതുകൊണ്ട് പക്ഷത്തിൽ നിഷ്ടാന്തത്തില് ഏതും സാധ്യവും വരുന്നു പദവിഷയത്വം നിഷ്ഠാന്തമായ സാധ്യമിങ്ങനെ വന്നു ആത്മനിഷ്ഠത്വം എങ്ങനെ ഒന്ന് പദവിഷയം സമം ആത്മാ പദവിഷയമായിട്ട് ആത്മാവെടുത്ത പദവിഷയം പദവിഷയായിട്ട് ആത്മാവെടുത്ത പദവിഷയം സമം ആത്മാ പദവിഷയം എന്താണ് ദൃഷ്ടാന്തം ദൃഷ്ടാന്തം പദവിഷയാണ് പദവിഷയത്വം ദൃഷ്ടാന്തം ദൃഷ്ടാന്തം പദവിഷയാണ് അല്ല പദവിഷയത്വം പദവിഷയത്വം എന്താണ് അതിന് സാധ്യം എങ്ങനെ വന്നാ ചോദിക്കുന്നു സാധ്യമെന്താണ് ആത്മനിഷ്ഠത്വം അപ്പൊ എങ്ങനെ വരുന്നു പദവിഷയമായി പദവിഷയ പദത്തോടർത്ഥം പദവിഷയമായിട്ട് പദവിഷയത്വം ആത്മാവിൽ പദവിഷയമായി ആത്മ പദവിഷയത്വം പദവിഷയത്വനിഷ്ഠ പദവി ആത്മനിഷ്ഠം അതുകൊണ്ട് പദവി പദവി ആത്മനിഷ്ഠത്വത്മനിഷ്ഠത്വ ആദ്യം വരുന്നത് എന്താണ് പദവിഷയം സമം ആത്മ ആത്മാ പദവിഷയമായി അതുകൊണ്ട് എന്തോ ഏഷ്ടമായി ആത്മാ പദവിഷയമായി അടുത്തെന്താ വരുന്നത് പദവിഷയത്വം ആത്മനിഷ്ഠമായി അതുകൊണ്ട് പദവിഷയത്വത്തിൽ ആത്മനിഷ്ഠത്വം വന്നു പദവിഷയത്വത്തിൽ ആത്മനിഷ്ഠത്വ സാധ്യമൊന്ന് ഹേതു എങ്ങനെയാ വരുന്നുമായിഷയത്വംനിഷ്ഠം ഈ പദവിഷയത്വനഷ്ഠമായ ജ്ഞാനത്തെ പദവിഷയമായി എടുത്തത് കൊണ്ട് तुम आते, आते। उल्दो उल्दो था ും പദവിഷയത്വ എന്ന് പറഞ്ഞോ പദവിഷയത്വ പദവിതായി സംതിച്ച പദവി ആ ജ്ഞാനിഷ്ഠെന്ന് പറഞ്ഞാൽ വൃത്തി ജ്ഞാനവൃത്തി എന്തായി പദവിഷയത്വ അതുകൊണ്ട് പദവിഷയത്വത്തിൽ എന്തുവരും ഞാൻ നിഷ്ഠത്വം അല്ലെങ്കിൽ ഞാൻ വരും അപ്പൊ അത് ശരിയായി അപ്പോ ഇവിടെ നിഷ്ടാന്തത്തിൽ സാധ്യമെന്നു പക്ഷത്തിൽ ഹേതുവുമെന്നു ഹനുമാനം ശരിയായി ഹനുമാനം എന്താ അനുമതി എന്താണ് അനുമതി അനമിതി എന്താണ് ഘടതജ്ഞാനോ സംബന്ധ ആത്മനിഷ്ഠസിദ്ധമായി ആത്മനിഷ്ഠത്വസിദ്ധമായി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു ജ്ഞാനം ജ്ഞാനനിഷ്ടം ആയതുകൊണ്ട് തന്നെ ആത്മനിഷ്ഠമെന്നും അംഗീകരിച്ചു സംബന്ധം ആത്മനിഷ്ഠ ണ പറഞ്ഞത് അതിനെ കുറിച്ചല്ലോ കൂടെ ചോദ്യം ഇതെങ്ങനെ ആത്മനിഷ്ഠമായി അതുകൊണ്ട് എങ്ങനെ ശദ്രൂപമായി എന്നാണ് ഹേതുവിന്റെ കാര്യം പോട്ടെ ഇവിടെ സാധ്യത്തിന്റെ കാര്യം ഹേതുവൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ ഇവിടെ ജ്ഞാനം എങ്ങനെ ശത്രുപമായി എന്നുള്ളതാണ് ഇത്രയും വന്നു എന്താണ് ഘടകജ്ഞാനുഹ സംബന്ധ സമ്മതിച്ചു വരും ആത്മനിഷ്ഠത്വം വന്നു ശരി ഘടസംബന്ധത്തിൽ ആത്മനിഷ്ഠത്വമെന്ന് എന്ന് പറഞ്ഞെന്താ എന്റെ അർത്ഥം സിദ്ധാന്തപ്രകാരം ഘടത്തിലോ ജ്ഞാനത്തിലോ അല്ല ഘടജ്ഞാന സംബന്ധത്തിലാണ് ആത്മനിഷ്ഠത്വമെന്ന് ഘടത്തിലും ആത്മാവിനും അല്ല വിനയോ ഷ്ഠത്വം വന്നു ഇത്രയും ക്ലിയറായി ബാക്കി സംബന്ധം നിഷ്ടമാണോ അതിനും തർക്കമില്ല എന്തു വരുന്നത് അതാണല്ലോ അതിനും തർക്കമൊന്നുമില്ല അതുകൊണ്ട് അതും ഇഷ്ടം സംബന്ധത്തിൽ ആത്മനിഷ്ഠെന്ന് എവിടെ വന്നു സംബന്ധമെന്ന് പറയുന്നത് കടന്നിഷ്ടം ഞാനനിഷ്ടോന്നേ പറയുന്നുള്ളു ആത്മനിഷ്ടംന്ന് അവിടെ പറയുന്നില്ല അനുമതി ഉണ്ടാവുന്നത് അങ്ങനെയല്ലേ സംബന്ധം ആത്മനിഷ്ഠെന്നാണ് പറയുന്നത് ഭഗ്നമാൻ പർവ്വതന്ന് പറയുന്നത് പോലെ ം ആത്മനിഷ്ഠം എന്ന് പറഞ്ഞാൽ സംബന്ധം ആത്മാവിനിരിക്കുന്നല്ലേ സംബന്ധത്തിന് ആത്മനിഷ്ഠം വരും ആ ഇവിടെ ആത്മാവ് ഇവിടെ ആത്മനിഷ്ഠവിടെ വന്നു അതാണ് സാധ്യം അനുമതി ഏ സാധ്യം അത് അനുമതി പറയുന്നത് എന്താണ് ഘടകം ജ്ഞാനസംബന്ധത്തിൽ ആത്മനിഷ്ഠമുണ്ട് ആത്മനിഷ്ഠത്വമുണ്ടെന്നാണ് ഘട ജ്ഞാനസംബന്ധത്തിൽ ആത്മനിഷ്ഠമുണ്ടെന്ന് വന്നു ആത്മനിഷ്ഠത്വമുണ്ടെന്ന് ആത്മനിഷ്ഠമല്ല ആത്മനിഷ്ഠം അതുകൊണ്ട് ഞാനോ ആത്മാവാണെന്ന് അങ്ങനെ ശ്രദ്ധിക്കുന്നു ഘടത്തു ഘടനിഷ്ഠവും ഘടജ്ഞാനനിഷ്ഠവുമാണ് എന്ത് സംബന്ധം അതിനും തർക്കമൊന്നുമില്ല ബാക്കി ജ്ഞാനനിഷ്ഠമായിട്ടാ ജ്ഞാനനിഷ്ഠത്തിൻ്റെ കാര്യമില്ലല്ലൂടെ ആത്മ ഇവിടെ സാധ്യമെന്താണ് ആത്മനിഷ്ഠത്വമാണ് ശ്രദ്ധിക്കേണ്ടത് ഘടനിഷ്ഠത്വം ജ്ഞാനനിഷ്ഠത്വം അല്ല ആത്മനിഷ്ഠത്വം അങ്ങനെ ഒന്നാണ് സംബന്ധം ഘടത്തിലുമുണ്ട് ജ്ഞാനത്തിലുമുണ്ട് അതിലഭിപ്രായ വ്യത്യാസമൊന്നും സംബന്ധത്തിൽ ആത്മനിഷ്ഠത്വമുണ്ട് ഇനി ജ്ഞാനം എങ്ങനെ ആത്മാവാകും അതിനഹമാനം പറയണ്ട സിമ്പിളാണ് കാര്യം ഏടം നിഷ്ടമാണ് ജ്ഞാനം നിഷ്ഠമാണ് അതിൽ തർക്കമുള്ള കാര്യമുണ്ടല്ലോ അതുകൊണ്ട് ആത്മനിഷ്ഠമാകുന്ന എങ്ങനെ ും തമ്മിലുള്ള സംബന്ധം ആത്മനിഷ്ഠമാവണമെങ്കിൽ ഘടം ആത്മനിഷ്ഠമാവില്ല ഘടകത്തിന് ആത്മനിഷ്ഠമായി കിടക്കാൻ കഴിയില്ല ഘടം ആത്മനിഷ്ഠ ഘടം ആത്മനിഷ്ഠം കൂടെ ആര് പറഞ്ഞു ഘട ആത്മനിഷ്ഠമാണോ അല്ലേ എന്നുള്ളൊരു പ്രശ്നവും ഇവിടെ വരുന്നില്ലല്ലോ ആത്മനിഷ്ഠ ഘടം ആത്മനിഷ്ഠമാണോ അല്ലേ എന്നുള്ള ചർച്ച ഇവിടെ വരുന്നില്ലല്ലോ ഘടം ഇവിടെയാണെന്നുള്ള ആത്മനിഷ്ഠമാണോ അല്ലേ എന്നൂടെ ഒരു ചർച്ചയെ വന്നില്ലല്ലോ അതെന്താ പ്രയോജനം അങ്ങനെ ഒരു കാര്യമേ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഘടജ്ഞാന സംബന്ധത്തെക്കുറിച്ചാണ് സംബന്ധമാണ് ഭക്ഷണം ഘടമല്ല ഘടജ്ഞാനമല്ല ഒന്നുമല്ല ഘടജ്ഞാന സംബന്ധത്തെ കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച ഹേതുവിൻ്റെ കാര്യം ഇവിടെ എന്തിനാണ് പറയുന്നത് സാധ്യത്തിൻ്റെ കാര്യമില്ലേ ചോദിക്കുന്നത് ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധത്തെ കുറിച്ചാണ് പറയുന്നത് എങ്ങനെ എങ്ങനെങ്ങനെ എങ്ങനെ പറഞ്ഞ ആത്മാവ് ഞാനും മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ എങ്ങനെ എങ്ങനെ ആത്മനിഷ്ഠത്വവും രണ്ടും വരണം അനുമതി ഹേതുവിന്റെ കാര്യം ഇവിടെ വേണ്ടല്ലോ സാധ്യം മാത്രം മതിയല്ലോ ഹേതുവിന്റെ കാര്യമൊക്കെ കഴിഞ്ഞു പുനഞ്ഞ് ഇതിന ഹേതുവിനെ കൊണ്ടുവരുന്നു സാധ്യമെങ്ങനെ ആത്മനിഷ്ഠത്വം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം എങ്ങനെ ആത്മാവാകും ഇത്രയേ ഉള്ളൂ അത് ഈ അനുമാനത്തിൽ എങ്ങനെ ശ്രദ്ധിക്കുന്നു സാധ്യമെ സമന്വയിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഘടന സംബന്ധമും തമ്മിലുള്ള സംബന്ധം ഉഭയനിഷ്ഠം എന്ന് അംഗീകരിച്ചു അത് അംഗീകരിച്ചു ക്ലിയറായി ഉഭയനിഷ്ഠം പറഞ്ഞാൽ ഒന്ന് ഘടനിഷ്ഠമാകണം ഘടത്തിലുമുണ്ട് ശരി ഇപ്പോ ആത്മനഷ്ടമെന്നും അനുമതി കിട്ടി അനുമതി പറയുന്ന ആത്മനഷ്ട് പറയുന്നത് ഘടമായോ അല്ലെങ്കിൽ ഘടജാണമായോ ഇരിക്കണം രണ്ടിലൊന്നും സ്വീകരിക്കാൻ കഴിയും അവർക്ക് എന്തിനാ സ്വീകരിക്കുന്നത് അവരുടെ സിദ്ധാന്തപ്രകാരം നേരത്തെ അംഗീകരിച്ചതാണ് സംബന്ധം ഉഭയനഷ്ടമെന്നും അത് ശരി അതെല്ലാരും അംഗീകരിക്കുന്നു അപ്പോ ഈ ആത്മാ എന്ന് പറയുന്നത് ഇവിടെ ഘടമോ അല്ലെങ്കിൽ ഘടഞ്ഞാണമോ രണ്ടിലൊന്നേ അവർക്ക് ചെയ്യണം അതിനാ ഘടകഘടന സംബന്ധം ഇവിടെ ഘടക സംബന്ധം എന്ന് പറയുന്നത് ഈ രണ്ടിലേ ഇരിക്കാൻ കഴിയുമെന്ന് അവരുടെ സിദ്ധാന്തം ആ ഘടകവും ഘടജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ഘടത്തിലിരിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിലിരിക്കുന്നു അപ്പോ ആത്മനിഷ്ഠമോ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആത്മനിഷ്ഠമെന്നാണ് അംഗീകരിക്കേണ്ടത് ആത്മനിഷ്ഠത്വം സംബന്ധത്തിൽ ആത്മനിഷ്ഠത്വം സംബന്ധത്തിൽ ആത്മനിഷ്ഠത്വം വരണം അതെ എന്നെ അംഗീകരിച്ചാൽ ഈ ആത്മാന്ന് പറയുന്നത് ഈ രണ്ടിലെ എന്തെങ്കിലും ഉണ്ടായി അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു അതെന്താ അങ്ങനെ സ്വീകരിക്കേണ്ടി വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സംബന്ധം വേറെ എവിടെയും ഇരിക്കാൻ കഴിയത്തില്ല ഘടവും ഘടജ്ഞാന സംബന്ധം രണ്ട് തമ്മിലുള്ള സംബന്ധം വിഷയവിഷയത്വ സംബന്ധം ഒന്നും ഘട്ടത്തിലരിക്കണം അല്ലെങ്കിൽ ജ്ഞാനത്തിലരിക്കണം ഇവിടെ അനുമാനത്തിലൂടെ താർക്കികേന് അനുമതിജ്ഞാനം ഉണ്ടായി എന്താണ് അനുമതി ജ്ഞാനം ആത്മനിഷ്ഠത്വം എന്ന് പറയുന്നത് ആത്മനിഷ്ഠത്വജ്ഞാനം ഉണ്ടായി ഈ ആത്മനിഷ്ഠത്വ ജ്ഞാനം നയ്യായികൻ എവിടെ ഉണ്ടായത് പക്ഷത്തിൽ അനുമതിയിലൂടെ പക്ഷത്തിൽ സാധ്യമുണ്ടെന്ന് ഉറപ്പിച്ചു ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അനുമതിയിലൂടെ പക്ഷത്തിൽ സാധ്യമുണ്ടെന്ന് ഉറപ്പായി പക്ഷമെന്ന് പറയുന്ന കൂടെ ഒരു സംബന്ധമാണ് പക്ഷം അപ്പോ ആത്മനിഷ്ഠത്വം എന്ന് പറയുന്ന ആ സാധ്യം പക്ഷത്തിലുണ്ടെന്ന് സംബന്ധത്തിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പം സംബന്ധമാന്ന് പറയുന്ന ദ്വിനിഷ്ഠം ദ്വിനിഷ്ഠമാണ് ആ സംബന്ധം ഒന്നുകിൽ ഘടത്തിലിരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നു ആത്മനിഷ്ഠത്വം എന്ന് പറയണമെങ്കിൽ ആത്മവൃത്തിയായ ഒരു ധർമ്മത്തിനെടുക്കാൻ പറ്റും ആത്മനിഷ്ഠത്വം ആത്മവൃത്തിയായ ആത്മനിഷ്ഠത്വം അംഗീകരിച്ചേ പറ്റൂ അപ്പൊ ആത്മവൃത്തിത്വമാണ് ആത്മനിഷ്ഠത്വം അത് ആത്മാവിലുള്ള ഒരു ധർമ്മത്തെ ആത്മനിഷ്ഠത്വമായി സ്വീകരിക്കാൻ പറ്റും അതിൽ സ്വീകരിക്കാൻ പറ്റും അപ്പൊ ഇവിടെ പറയുന്നത് ഘടതസംബന്ധത്തിൽ ആത്മവൃത്തിത്വം വരെയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഘടന സംബന്ധം ആത്മവൃത്തി എന്നാണ് ഈ ഭാവമാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഘടാനയോഹോ സംബന്ധ സമം ആത്മവൃത്തി എന്ന് അംഗീകരിക്കണം എന്തുകൊണ്ട് ആത്മവൃത്തി എന്ന് പറയുന്നത് സംബന്ധത്തിൽ വന്നതുകൊണ്ട് ഘട തജ്ഞാനോഹോ സംബന്ധ ആത്മവൃത്തി അവിടെ സംബന്ധത്തിലാണ് സംബന്ധത്തിന് ആത്മവൃത്തിയായിട്ട് എടുക്കണം അപ്പൊ ഈ സംബന്ധം ഇരിക്കുന്നത് നമുക്കറിയാം ഒന്ന് ഘടത്തിലാണല്ലെങ്കിൽ ജ്ഞാനത്തിലാണ് അപ്പൊ ഇതില് രണ്ടിലൊന്ന് ആത്മാവായാലേ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ആത്മവൃത്തി ആകത്തുള്ളൂ നയായിക സിദ്ധാന്തമനുസരിച്ച് ഘടം ആത്മാവല്ല ജ്ഞാനമാണെങ്കിലോ ജ്ഞാനോ ആത്മാവാണോ അല്ല പക്ഷേ ജ്ഞാന ആത്മാവല്ലെങ്കിലും എന്താണ് അത് പക്ഷത്തിന്റെ ഭാഗമാണ് പക്ഷത്തെ സംബന്ധിച്ച് സാധ്യമുണ്ടോ എന്നുള്ള സന്ദേഹം ഉള്ള സ്ഥലമാണ് അത് പക്ഷത്തിന്റെ ഭാഗമായിരിക്കുന്ന ഘടത്തിൽ സാധ്യം ഇല്ല എന്നുള്ള കാര്യം നയ്യായി ഉറപ്പാണ് കാരണം അതവരാ അംഗീകരിക്കുന്നില്ല എന്താണോ ആത്മാവായിട്ട് സ്വീകരിക്കുന്നില്ല അപ്പോ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ആത്മവൃത്തി എന്ന് പറയുമ്പോൾ ഘടത്തെ ആത്മാവായി സ്വീകരിക്കാത്തതുകൊണ്ട് അത് സംശയമുള്ള കാര്യമുണ്ട് നിശ്ചയമുള്ള കാര്യമാണ് അതുകൊണ്ട് ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ആത്മവൃത്തി എന്ന് പറയുന്നത് ഘടവൃത്തിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല ആത്മവൃത്തി എന്ന് പറഞ്ഞാൽ ഘടകൃത്തിയായിട്ടെടുക്കാൻ കഴിയില്ല കാരണം ആ കാര്യത്തിൽ താർക്കീയന് സംശയമില്ല ഘടം ആത്മാവല്ല എന്നുള്ള കാര്യം പിന്നെ ഇപ്പൊ സംശയം രണ്ടു കൂട്ടർക്ക് സംശയം വന്നിരിക്കുന്ന എന്തിനാണ് കാരണം പക്ഷമായി സ്വീകരിച്ചാൽ അതിനർത്ഥം സന്ദിഗ്ധാധ്യവാൻ ഇപ്പൊ ജ്ഞാനത്തെ കാര്യത്തിൽ ജ്ഞാനത്തിന്റെ കാര്യത്തിൽ സന്ദേഹമുണ്ട് പക്ഷേ അനുമതിയിൽ സ്വീകരിക്കേണ്ടി വന്നു അനുമതിയുടെ നിയമ അനുമാനത്തിന്റെ നിയമം അനുസരിച്ച് സ്വീകരിക്കേണ്ടി വന്നു താർക്കിയത് കൊണ്ടാണ് സംബന്ധം ആത്മനിഷ്ഠമാണ് എന്നാണ് ഘടം പോയി പിന്നെ ആ സംബന്ധം എവിടെയാണ് ഇരിക്കുന്നത് ജ്ഞാനത്തിൽ ആണ് സംബന്ധം ഇരിക്കുന്നത് അപ്പോ അവിടെ ആത്മനിഷ്ഠത്വം ആണ് അനുമതിയെങ്കിൽ ജ്ഞാനത്തിൽ ആത്മനിഷ്ഠത്വം വരണം സംബന്ധത്തിൽ ആത്മനിഷ്ഠത്വം വരണം എവിടെയുള്ള സംബന്ധത്തിൽ ജ്ഞാനത്തിലുള്ള സംബന്ധം ആത്മനിഷ്ഠത്വം വരണം എന്നുവെച്ചാൽ ജ്ഞാനത്തിലുള്ള സംബന്ധത്തിൽ ആത്മനിഷ്ഠത്വം വരണമെങ്കിൽ ജ്ഞാനത്തിൽ വന്ന ആ സംബന്ധം എന്താവണം ആത്മനിഷ്ഠമാകണം ം ആത്മനിഷ്ഠമാകണമെങ്കിൽ ജ്ഞാനം എന്താകണം ആത്മാവാണം മനസ്സിലായോ ജ്ഞാനത്തിൽ വന്ന സംബന്ധത്തിൽ ആത്മനിഷ്ഠത്വം വരണം അത് അംഗീകരിച്ച വിട്ടു കാരണം ഒന്നുകൊണ്ട് അനുമതി ശരിയായ ജ്ഞാനത്തിലാണിവിടെയിരിക്കുന്നത് ഘടം പോയി ജ്ഞാനത്തിലാണെന്തിരിക്കുന്നത് സംബന്ധം ആ സംബന്ധത്തിൽ എന്ത് വരണം ആത്മനിഷ്ഠത്വം ജ്ഞാനത്തിലല്ല വരേണ്ടത് പിന്നെ എവിടെയോ സംബന്ധത്തിൽ വരണം അതാണ് പക്ഷം ജ്ഞാനത്തിലിരിക്കുന്ന സംബന്ധമാണ് പക്ഷം ആ പക്ഷത്തിൽ ആത്മനിഷ്ഠത്വം വരണമെങ്കിൽ നയ്യായികൻ അംഗീകരിക്കേണ്ടി വരും എന്താണ് ത്തിൽ ഇരിക്കുന്ന സംബന്ധം ആത്മനിഷ്ഠമാണ് ജ്ഞാനത്തിലുള്ള സംബന്ധം സമം ആത്മനിഷ്ഠ അത് അംഗീകരിക്കണമെങ്കിൽ എന്തുവേണം സമം ആത്മാനാത്മാവാണ് സിദ്ധമായി പകതിയുണ്ട് അതിന് കാരണം ഒന്നാണ് അനുമാനത്തിലൂടെ തർക്കിക്കാൻ അനുമതി ഉണ്ടായി ജ്ഞാനം ആത്മാവാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇവിടുത്തെ സംശയം തർക്ക സംശയം ഘടം ആത്മാവാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ താർക്കിക സംശയവും ഇല്ല അപ്പോ എന്താണ് ഘടത്തിൽ സംബന്ധമുണ്ട് അത് ശരിയാണ് പക്ഷേ ആ സംബന്ധമെന്ന് പറയുന്ന ആത്മനിഷ്ഠമല്ല മറിച്ച് എന്താണ് ദ്രവ്യനിഷ്ഠമുണ്ട് ഘടത്തിൽ വരുന്ന സംബന്ധം എന്ന് പറയുന്നത് ദ്രവ്യനിഷ്ഠമാണ് ആത്മനിഷ്ഠമല്ല അപ്പോ ഘടത്തിൽ വരുന്ന സംബന്ധം ദ്രവ്യനിഷ്ഠമായതുകൊണ്ട് അതിൽ ആ സംബന്ധത്തിൽ എന്തുവരും ദ്രവ്യനിഷ്ഠത്വം വരും അല്ലേ അല്ലെങ്കിൽ പൃഥ്വിനിഷ്ഠത്വം വരും അല്ലെങ്കിൽ ഘടനിഷ്ഠം വരും ഒരു കാരണവശാലും എന്തു വരത്തില്ല ആത്മനിഷ്ഠത്വം വരത്തില്ല ആത്മനിഷ്ഠം ദ്രവ്യനിഷ്ഠ ആത്മാവന്റെ കാര്യല്ലേ പറയുന്ന ഇവിടെ അതുകൊണ്ടെന്തോ ആത്മനിഷ്ഠന്നുള്ളത് ഇപ്പോ ആത്മാ ദ്രവ്യമായതുകൊണ്ട് ഘടം ആത്മാവാഷ്ട്ട് ദ്രവ്യനിഷ്ഠ ആത്മാവ് ദ്രവ്യമായതുകൊണ്ട് ഘടം ആത്മാവാ രണ്ടെന്താ ബന്ധം ആത്മാവ് ദ്രവ്യമായി കഴിഞ്ഞാൽ ആത്മാവ് ദ്രവ്യമാണ് അതുകൊണ്ട് ഘടാത്മാവാ ആത്മാവെന്ന് പറയുന്നത് ദ്രവ്യമാണ് പദാർത്ഥമാണ് ആത്മാവാണ് പരുതാണ് ഇവിടെ ഘടമെന്നു പറയുന്നത് ദ്രവ്യമാണ് പാർത്ഥിവമാണ് ആത്മാവ് ഒഴികെല്ലാമാണ് അതുകൊണ്ട് ഘടത്തിലെന്ത് വരുന്നു സംബന്ധം വരുന്നു ആ സംബന്ധത്തിൽ എന്തുവരും ദ്രവ്യനിഷ്ഠത്വം വരും ആത്മനിഷ്ഠത്വം വരത്തില്ല പാർത്ഥിവനിഷ്ഠത്വം വരും പദാർത്ഥനിഷ്ഠത്വം വരും ഒന്നൊഴുകിയത് ആത്മനിഷ്ഠത്വം ഒഴികും പക്ഷെ അതേപോലെ അതേ സംബന്ധം തന്നെ എവിടെയുണ്ട് ജ്ഞാനത്തിലുമുണ്ട് അപ്പൊ അതിൽ ആത്മനിഷ്ഠത്വം അതിനെ വിട്ടു എന്തുകൊണ്ട് വരുന്നില്ല താർക്കീകണക്കാര്യം ഉറപ്പുള്ള എന്നാണ് എന്റെ സംശയം ഉള്ളെടുത്താണ് ഇനി തീരുമാനം വരേണ്ടത് അനുമതി എന്തായാലും ഉണ്ടായി അനുമതി എന്താണ് സംബന്ധത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കണം സംബന്ധം ആത്മനിഷ്ഠമാണ് ഇവിടെ സംബന്ധത്തെ എവിടെ അംഗീകരിച്ചത് ജ്ഞാനത്തിൽ ജ്ഞാനത്തിൽ സംബന്ധമുണ്ടെന്ന് അറിഞ്ഞു ആ സംബന്ധം ആത്മനിഷ്ഠമാണെന്നും പറഞ്ഞാൽ ജ്ഞാനം എന്തായാലേ പറ്റൂ ആത്മവായാലേ പറ്റൂ ജ്ഞാനം ഗുണമായോണ്ട് കാര്യമില്ല പദാർത്ഥമായോണ്ട് കാര്യമില്ല ഒന്നുമായിട്ട് കാര്യമില്ല കാരണം നമുക്ക് കിട്ടേണ്ടത് എന്താണോ ആത്മ നിഷ്ഠത്വം വരണം എവിടെ പക്ഷത്തിൽ ആത്മനിഷ്ഠത്വം വരണമെങ്കിൽ പക്ഷമായിരിക്കുന്ന സംബന്ധം എന്താണം ആത്മനിഷ്ഠമാകണം പക്ഷമായിരിക്കുന്ന സംബന്ധം ആത്മനിഷ്ഠമാകണമെങ്കിൽ പക്ഷം എന്താകണം ആകണം അപ്പൊ ഞാനും ആത്മാഞ്ഞു ഇനി നയ്യായികൻ ചോദ്യം ചെയ്യാൻ പറ്റുമോ അവരുടെ സിദ്ധാന്തമനുസരിച്ച് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇത് നൈയായികന്റെ സിദ്ധാന്തമനുസരിച്ച് സമർത്ഥിക്കുകയാണ് ഇന്ന് നൈയായികന്റെ സിദ്ധാന്തമനുസരിച്ച് ചോദ്യം ചെയ്യാൻ പറ്റില്ല പറ്റുമോ ചോദ്യം ചെയ്യണോ ഏ ചോദ്യം ചെയ്യണമെങ്കിൽ അതായത് അനുമാനത്തിലൂടെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ സിദ്ധാന്തമല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെന്ത് ചെയ്യണം പറയണം സത്പ്രതിപക്ഷ അനുമാനം പറയണം ഇപ്പോ താർക്കിന് അനുമാനം പറയും ഘടതജ്ഞാനയോഹോ സംബന്ധ അനാത്മനിഷ്ഠ ഘടനിഷ്ഠത്വ സാവ ശരിയായ പ്രസ്തത്തിയുള്ള അനുമാനമല്ല ഞാനൊരു സത്പ്രതിപക്ഷ അനുമാനം ഉണ്ടാക്കിയത് ഘട അനാത്മനിഷ്ഠ സേതുക ഘടനിഷ്ഠല്ലേ പക്ഷത്തിലുണ്ടോ ഘടകജ്ഞാനയോഹോ സംബന്ധ ഘടനിഷ്ഠമാണോ ഘടനിഷ്ഠവും പക്ഷത്തിൽ വന്നോണ്ട് സംബന്ധത്തിൽ വന്നു സംബന്ധത്തിലാവരേണ്ടത് ഘടത്തിലല്ല അത് ഓർത്തേ ഉള്ളൂ പക്ഷം ഘടവും ഞാനും അല്ല സംബന്ധത്തിലെന്ത് വന്നു ഘടന നോക്കുക എന്താണ് സത്ത സത്ത ഘടനിഷ്ഠ സത്തയിൽ ഘടനിഷ്ഠ ദൃഷ്ടാന്തം സത്ത ദൃഷ്ടാന്തം എന്ന് പറയുന്നത് സത്ത സത്തയിൽ ഘടനിഷ്ഠത്വം ഉണ്ടോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു അങ്ങനെ ഘടനിഷ്ഠമാണ് ഹേതു അപ്പോ സത്താസമം ഘടത്തിൽ നിഷ്ഠമാണോ സത്തയിൽ ഘടനിഷ്ഠത്വം വരൂ നിഷ്ടാന്തത്തിൽ ഘടനിഷ്ഠം പിന്നെ സത്തയിൽ അനാത്മനിഷ്ഠത്വം വരും എന്നാണ് സാധ്യം സത്ത അനാത്മാവിൽ നിഷ്ഠമാണോ അനാത്മാവൃത്തിയാണോ ഏത് അനാത്മാ ഗുണത്തിലുണ്ട് മറ്റു ദ്രവ്യങ്ങളിലുണ്ട് അനാത്മാ നിഷ്ടമാണോ ഇപ്പൊ സത്തയിൽ എന്തുവന്നു അനാത്മാ നിഷ്ഠത്വം വന്നു അപ്പൊ അദ്വൈതി പറയുന്നതനുസരിച്ചാണെങ്കിൽ ദൃഷ്ടാന്തത്തിൽ സാധ്യവും ഹേദവും വരണം പക്ഷത്തിൽ ഹേതു വരണം അപ്പൊ നയായികന്റെ അനുമാനത്തിൽ ഇതെല്ലാം വന്നു എന്ന് വെച്ചാൽ എന്റെ ഘടക ജ്ഞാനയോഹോ സംബന്ധ സംബന്ധത്തിൽ അനാത്മനിഷ്ഠത്വം ഒന്നല്ലേ അനാത്മനിഷ്ഠത്വം അനാത്മനിഷ്ഠത്വം വന്നു കഴിഞ്ഞാൽ എനിക്ക് നോക്കുക ഖടത്തജ്ഞാനയോഹോ സംബന്ധ അനാത്മനിഷ്ഠമായപ്പോ ആണല്ലോ അപ്പോ ഘടതജ്ഞാനയോ സംബന്ധ അനാത്മനിഷ്ഠ ഘടവും ജ്ഞാനവും അനാത്മ ആയിക്കഴിഞ്ഞാൽ എന്തൊരു സംബന്ധം അനാത്മനിഷ്ഠമാകത്തുള്ളൂ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം അനാത്മനിഷ്ഠമാണ് എന്നുവെച്ചാൽ ഘടവും ഞാനും അനാത്മാവാണ് ആയോ ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം ആത്മനിഷ്ഠമല്ല അനാത്മനിഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ ഘടകവും അനാത്മാവാണ് ഞാനും അനാത്മാവാണ് നാലേ സംബന്ധം അനാത്മനിഷ്ഠമാകത്തുള്ളൂ രണ്ടു മാർഗ്ഗം എന്തുനിഷ്ടമായത് കൊണ്ട് സംബന്ധം ഉപയോഗമായതുകൊണ്ട് ഘടത്തിൽ വരുന്ന ഘടത്തിലെന്തുവന്നു അനാത്മനിഷ്ഠത്വം ജ്ഞാനത്തിലെന്ത് വരും സാധ്യം പക്ഷത്തിൽ വരണ്ടേ അനുമാനം ശ്രദ്ധിച്ചില്ലേ അനുമതി ഉണ്ടായില്ലേ ഇവിടെ പക്ഷം സംബന്ധമല്ലേ ോ അതിലെന്ത് വരണം അണാത്മനിഷ്ഠത്വത്മനിഷ്ഠം വരണം അപ്പൊ അത് ഉഭയനിഷ്ഠം ആയതുകൊണ്ട് സംബന്ധം ഉഭയനിഷ്ഠം ആയതുകൊണ്ട് ഘടത്തിൽ മാത്രം അണാത്മത്വം വന്നാലും മതി ജ്ഞാനത്തിൽ പറഞ്ഞാവശ്യ ഇവിടെ എന്താ പറയുന്നത് സംബന്ധം എന്ന് പറയുന്നത് അനാത്മനിഷ്ഠമെന്നാണ് അല്ലേ എന്നുവെച്ചാ ഈ സംബന്ധം ആത്മാവല്ലേ ഇരിക്കുന്നത് ഇത് അനുമതി ചെയ്യുന്നവിടെ ഉണ്ടായ ജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ ഘടകവും ജ്ഞാനവും ആത്മാവല്ല ഇനി എവിടെ എന്താ തർക്കിക്കാനെന്താ വഴി ഘട ആത്മയോഹ സംബന്ധ ഘടവും ആത്മയല്ല ജ്ഞാനം ഇത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അങ്ങോട്ട് പോകാൻ ഘടവും ജ്ഞാനവും ആണ് ഇവിടെ പക്ഷം പിന്നെ ആത്മാവിനെ ഇവിടെ പക്ഷമാക്കാൻ പറ്റും ഉപയോഗമായതുകൊണ്ട് സംബന്ധം ഉപയോഗ എവിടെയിരിക്കണം ഘടത്തിലും ഇരിക്കണം ജ്ഞാനത്തിലും ഇരിക്കണം പിന്നെ ഉപയോഗനിഷ്ഠമായോ അവരുടെ ഇരുന്നാൽ മതിയോ നേരത്തെയുള്ള പോയി ഇതിന്റെ കാര്യം ആദ്യം തീർപ്പാക്കുക നേരത്തെയുള്ള ഇപ്പൊ വന്നുകഴിഞ്ഞാൽ ഇത് കിട്ടുമോ ഇതിന്റെ കാര്യം തീർപ്പാക്കുക ഇവിടെ അനുമതിജ്ഞാനോണ്ടായോ അനാത്മനിഷ്ഠത്വം ഉണ്ടായല്ലോ അനാത്മനിഷ്ഠത്വം എന്ന് പറയുന്ന അനുമതി ഞാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയിരിക്കും അനാത്മനിഷ്ഠ ഏതാവു അനാത്മനിഷ്ഠാവും സംബന്ധം അതെവിടെയൊക്കെ ഇരിക്കും കടവും ഞാനേ രണ്ടും അനാത്മാവല്ലേ പറ്റത്തുള്ളൂ നമുക്ക് രണ്ടും ആത്മാവാതെ അനാത്മാവാകാതെ എങ്ങനെ അനാത്മനിഷ്ഠത്വം വരും അനാത്മനിഷ്ഠത്വം അംഗീകരിച്ചില്ലേ ഘടന്നുള്ള നമുക്ക് ഇവിടെ ആത്മനിഷ്ഠല്ല സാധ്യം മന്ദബുദ്ധികളുടെ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇവിടെ സാധ്യമാത്മനിഷ്ഠത്വം അല്ല സാധ്യമെന്താണ് അത് പക്ഷത്തിൽ വരണം മനസ്സിലായേ ഞാൻ അതെങ്ങനെ അപ്പൊ ഉപയോഗനിഷ്ഠമാവുന്ന ഇങ്ങനെ സംബന്ധം അങ്ങനെ പറഞ്ഞല്ലോ കഴിഞ്ഞ അനുമാനമല്ല ഈ അനുമാനം ശരിയാവെ ഇത് ഒരുപാട് അലക്കി കഴിഞ്ഞ ഇത് കീറിപ്പോവുംപാടലക്കു പോവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക പറയുന്നു മനസ്സിലാതെ അതെന്നും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടുത്തെ സാധ്യമെന്താണ് അനാത്മനിഷ്ഠത്വം എന്ന് പറയുന്ന പക്ഷത്തി വരണ്ടേ പക്ഷത്തി വരണമെങ്കിൽ പക്ഷം അനാത്മാവാണ്ടേ അല്ല വരൂ പിന്നെ ഞാനും ആത്മാവെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ എങ്ങനെ എങ്ങനെ പക്ഷത്ത് പറയുന്നു വ്യക്തമായി പറയുന്നു ഘടവും ഞാനും തമ്മിലുള്ള സംബന്ധം അതിൽ അനാത്മനിഷ്ഠത്വം വരണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം ഘടവും ഞാനും തമ്മിലുള്ള സംബന്ധം അനാത്മനിഷ്ഠമാകണം അല്ലേ എന്ന് വെച്ചാൽ കടവും ഞാനും തമ്മിലുള്ള സംബന്ധം ഇരിക്കുന്ന എവിടെയായിരിക്കണം അനാത്മാവിലായിരിക്കണം അനാത്മനിഷ്ഠത്വം അംഗീകരിച്ചു നിങ്ങളീ പറയുന്ന പ്രശ്നം ജ്ഞാനത്തിൽ വരുന്നത് ആത്മനിഷ്ഠമായി സ്വീകരിക്കുമ്പോഴാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന സാധ്യമതല്ല അനാത്മനിഷ്ഠമാണ് അപ്പോൾ ആത്മാവിലിരിക്കുന്നു ഇല്ലേന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അനാത്മാക്കളിൽ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മനസ്സിലായോ ആത്മാവിലിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാണ് ആത്മാവെന്ന് അനാത്മാവിലിരിക്കുന്നു വരുമ്പോ എന്താ ചിന്തിക്കേണ്ടത് ഏതാണ് അനാത്മാവെന്നാണ് രണ്ടു അനാത്മാവാണ് ആരുടെ സിദ്ധാന്തം അനുസരിച്ച് തർക്കിയ സിദ്ധാന്തം അനുസരിച്ച് അനാത്മ നിഷ്ടത്വം ഇത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇതിലുള്ള ദോഷത്തെ കാണിക്കാൻ വേണ്ടി ഏ സത്പ്രതിപക്ഷന്റെ ലക്ഷണം എന്താ പറഞ്ഞത് സത്പ്രതിപക്ഷന്റെ ലക്ഷണം എന്താ പറഞ്ഞത് ഏ അതറിയാൻ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമല്ല ഇവിടെ അതേപക്ഷത്തിൽ തന്നെയാണ് എന്താണ് ഉദാഹരണം പറഞ്ഞത് തർക്കസംഗ്രഹത്തെ എന്ത് ഉദാഹരണം പഠിച്ചത് ശബ്ദോ നിത്യ ശബ്ദോ നിത്യത് ശബ്ദ ഇങ്ങനെ വായുപൊളിച്ചാൽ ശരിയാകും അനുമാനം മുഴുവൻ അവിടെ ഇവിടെയും പറഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവും ശബ്ദോ നിത്യ ശ്രാവണത്വത്ത് ശബ്ദോ അനിത്യ കാര്യത്വം ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഇതൊക്കെ അറിയാതാവൂന്ന് പറഞ്ഞ അപ്പൊ അവിടെ പക്ഷം മാറിയോ ശബ്ദ സാധ്യമെന്താണ് നിത്യത്വത്തിന് പകരം അനിത്യത്വം ഹേതുവ ശ്രാവണ ശ്രാവണത്വവും കാര്യത്വവും ദൃഷ്ടാന്തമോ ശബ്ദത്വവും ഇവിടെ അത്ര ഉള്ളൂ എന്താണ് ഇവിടെ പക്ഷം മാറിയില്ല അത് തന്നെ എന്താണ് ഘടത്വ സംബന്ധ ഒരിടത്ത് പറഞ്ഞു ആത്മനിഷ്ഠവും ഇവിടെ പറഞ്ഞു എന്താണ് അവിടെ ഹേതു എന്ന് പറഞ്ഞു ജ്ഞാനനിഷ്ഠത്വ ഇവിടെ എന്ത് പറഞ്ഞു ഘടനിഷ്ഠ ഇവിടെ നിഷ്ടാന്തം എന്തായിരുന്നു ആദ്യം പോയാഷയത്വം ഇവിടെ പറഞ്ഞു സത്താവത്ത് ഇവിടെ പദവിഷയത്വം എന്ന് പറഞ്ഞു ഇവിടെ സത്താവത്ത് മറ്റൊരു ഹേതുപയോഗിച്ച് അതേപക്ഷത്തിൽ തന്നെ സാധ്യാഭാവത്ത് ശ്രദ്ധിക്കുന്നു അവിടെ സമൃദ്ധിക്കേണ്ടത് എന്താണ് ആത്മ ആത്മനിഷ്ഠത്വം ഇവിടെ എന്താണ് അനാത്മനിഷ്ഠത്വം അപ്പോൾ ഇവിടെ നോക്കേണ്ടതാണ് പക്ഷത്തിൽ അനാത്മനിഷ്ഠത്വം ഉണ്ടോ ഉണ്ടെന്ന് അനുമതി അംഗീകരിച്ചാൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു പക്ഷത്തിൽ അനാത്മനിഷ്ഠത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് പക്ഷം അനാത്മാവാണ് പിന്നെ അവിടെ തർക്കത്തിൻ്റെ ആവശ്യം തോന്നുന്നു പക്ഷം ആത്മനിഷ്ഠമെന്ന് വന്നു കഴിഞ്ഞാൽ പക്ഷം വരും പക്ഷം ആത്മാവാ ഏതാണ് ഇവിടെ പക്ഷം എന്ന് പറയുന്നതിൽ രണ്ടെണ്ണം കടന്നു വന്നു സംബന്ധമാണെങ്കിലും രണ്ടെണ്ണം വന്നു ഘടവും ജ്ഞാനവും ഘടമില്ലെന്നുള്ളത് താർക്കിന് സംബന്ധമായി എൻ്റെ എന്ത് ചെയ്തു ആത്മനിഷ്ഠത്വം വന്നതുകൊണ്ട് ജ്ഞാനനിഷ്ഠമാണെന്നും ജ്ഞാനം ആത്മാവാണെന്നും അംഗീകരിക്കേണ്ടി ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് സാധ്യമെന്ന് പറയുന്നത് അനാത്മനിഷ്ഠ ആണ് അനാത്മനിഷ്ഠത്വമാണ് അപ്പൊ സംബന്ധം വന്നത് എവിടെയൊക്കെ ഘടത്തിലും ജ്ഞാനത്തിലും രണ്ടു അനാത്മാവാണെന്ന് അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മനസ്സിലായോ ഇവിടെ അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നില്ല കാരണം രണ്ടു അനാത്മാക്കളാണ് താർക്കീയനെ സമ്മതമാണ് താർക്കീയ എന്തുപറയും ഘടവും അനാത്മാവാണ് ജ്ഞാനവും അനാത്മാവാണ് അപ്പം അത് അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല സത്പ്രതിപക്ഷം അപ്പം ഞാൻ ഉണ്ടാക്കിയൊരു സത്പ്രതിപക്ഷം പുസ്തകത്തിലുള്ളതല്ല പുസ്തകത്തിൽ വേറെ സത്പ്രതിപക്ഷം വരും കുറച്ചുകൂടെ നല്ല സത്പ്രതിപക്ഷം എൻ്റെ മോശം സത്പ്രതിപക്ഷം നിങ്ങൾക്ക് മനസ്സിലായാലേ ഇനി വരുന്ന നല്ല സത്പ്രതിപക്ഷം എന്ന് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആകെ എൻ്റെ കയ്യിൽ ഇരുന്ന് എടുത്ത് കാണിച്ചത് അത് വന്നപ്പോൾ തന്നെ അവിടെ ആകെ കുഴക്കമായി അപ്പം ഇനി നല്ലത് വരുമ്പോൾ എന്താവും എങ്ങനെ ഇത് മനസ്സിലായോ പിന്നെ അല്ലേ പിന്നെ ഏത്തോ ഭാസം എനിക്ക് പറഞ്ഞ മനസ്സിലായോ മനസ്സിലായ പിന്നെ ഇനി നമുക്ക് ആലോചിക്കാം ഒരു സത് ഹേതുവിന് വിരുദ്ധ ഹേതു വരുന്നതാണെന്ത് മറ്റൊരു ഹേതു വരുന്നു അത് വന്നു കഴിഞ്ഞു പിന്നെ അത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിക്കണം എന്തെങ്കിലും ഉണ്ടോ എന്ന് കാര്യം ഇത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാധനം ഈ അനുമാനം മനസ്സിലായെങ്കിൽ എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം ഒരനുമാനം വന്നു കഴിഞ്ഞാൽ വേറൊരു അനുമാനം കൊണ്ട് അതിനെ ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു രീതി അത് താർക്കികന്മാരുടെ രീതിയാണ് ഇത് മനസ്സിലായെങ്കിൽ അടുത്ത് നല്ല സത്പ്രതിപക്ഷം വരുമ്പോൾ പിന്നും ഞാൻ മന്ദബുദ്ധികളൊന്നും പറയേണ്ടി വരരുത് പൂർണത്തി പൂർണമാതായ പൂർണമുരു ഓം ശ്രീ ഗുരു ഭ